കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായിട്ട് ഗുണത്രയ വിഭാഗയോഗം എന്ന അദ്ധ്യായത്തിനെ ഓരോ ശ്ലോകങ്ങളായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടുവന്നു അധ്യാത്മസാധനയുടെ ഉപാസനാ മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞ് വേദാന്ത വിചാരം ചെയ്യുന്ന ആളുകൾക്കാണ് ശരിക്കും ഈ അധ്യായം പ്രയോജനപ്പെടുക പക്ഷേ എല്ലാവ ഓരോ ജീവനും അറിഞ്ഞോ അറിയാതെയോ അധ്യാത്മസാധന അനുഷ്ഠിക്കുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിലും സത്യാന്വേഷണം ഈശ്വരാന്വേഷണം ഗൂഢമായി കിടപ്പുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടോ ഏതെങ്കിലും ഗുരു പറഞ്ഞിട്ടോ ആരുടെങ്കിലും പ്രസംഗം കേട്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ ആണ് ഒരാൾ അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നത് എന്നൊക്കെ കാക്കയിരിക്കുമ്പോൾ പഴം വീണ പോലെയാണ് അതൊക്കെ ബാഹ്യമാണ് ജീവന് അനുസ്യൂതം ഉള്ളിൽ ഈശ്വരനോടുള്ള ആഭിമുഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വാസ്തവത്തിൽ നിത്യസംബന്ധമുള്ളത് ഈശ്വരനോടാണ് ഭഗവാൻ തന്നെ പറയണു മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഹം ലോകത്തിലുള്ള സംബന്ധമൊക്കെ തന്നെ അനിത്യസംബന്ധമാണ് ആരോടും നമുക്ക് സംബന്ധമില്ല ഈ ശരീരത്തിനോട് തന്നെ നമുക്ക് സംബന്ധമൊന്നുമില്ല കഴിഞ്ഞ അനേക ജന്മങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ ജന്മത്തിലൊക്കെ എത്ര ശരീരം ഉണ്ടായിരുന്നു എന്തൊക്കെ രൂപം ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നിനോട് സംബന്ധമില്ല ഒന്നും ഓർമ്മയല്ല അതേപോലെയാണ് അപ്പൊ ഈ ജന്മത്തിലുള്ള ഈ ശരീരവും ഈ പേഴ്സണാലിറ്റിയും ഒക്കെ ഒരു ട്രേസ് പോലും ഇല്ലാതെ മറന്നുപോകും പക്ഷെ നമുക്ക് നിത്യസംബന്ധം എപ്പോഴും ഉള്ള നിത്യസംബന്ധം ഈശ്വരനോടാണ് ആ നിത്യസംബന്ധത്തിനെക്കുറിച്ച് സ്മൃതി ജാഗരിതമാവുന്നതിനാണ് അധ്യാത്മ ഉദ്ബോധനം അല്ലെങ്കിൽ ദീക്ഷ എന്നൊക്കെ പറയണത് അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയുണ്ടായി എന്നൊക്കെ പറയണത് ആ നിത്യസംബന്ധത്തിനെ ആരെങ്കിലും ഒന്നും ഓർമ്മപ്പെടുത്തുക അത്രയേ ഉള്ളൂ നമുക്ക് സംബന്ധമുണ്ട് എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ദ്രവ്യങ്ങളോടും ക്രിയകളോടും ചിന്തകളോടൊന്നും നമുക്ക് നിത്യസംബന്ധമില്ലെന്നും നമ്മൾക്കറിയില്ലെന്നും നമ്മൾ വളരെ സത്യത്തിൽ നിന്ന് വിദൂരമാണെന്നും ഒക്കെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സത്യം അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് എപ്പോഴും സംബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യമാണെന്നും ഉള്ള കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് സത്സംഗം നമുക്ക് ഇപ്പൊ ഉള്ള ഒരു അനുഭവത്തിനെക്കുറിച്ചും നമുക്കിപ്പം തന്നെ ഉള്ള ഒരു സംബന്ധത്തിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് അച്ഛനോടോ അമ്മയോടോ ബന്ധുക്കളോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ ഈ ജന്മത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആരാന്നേ അറിയില്ല എത്രയോ ചിലപ്പോൾ വഴിയിൽ കണ്ടിട്ട് പോലും ഉണ്ടാവും വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അംഗീകരിച്ചതോടുകൂടി അങ്ങനെ ഒരു ബന്ധം വന്നു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അംഗീകാരത്തിന് എത്ര ഫോഴ്സ് ഉണ്ട് എറിയോ പ്രാക്ടീസിന് അഭ്യാസത്തിന് അത്ര കണ്ട് ശക്തിയില്ല അഭ്യസിച്ച് അഭ്യസിച്ചിട്ട് ഓരോ ആളുകൾ കുറെ കാലം ഒരു ഫോട്ടോ രൂപമൊക്കെ വെച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അഭ്യസിച്ചിട്ട് പറയണു ഞങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റണില്ലാന്ന് പറയണു നേരെ മറിച്ച് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും വിളിച്ച് നിങ്ങൾ വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞ് കുറച്ച് മന്ത്രോ എന്തെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടാണെങ്കിലും അതെ വിവാഹം കഴിച്ചുകഴിഞ്ഞതും ഇത് ഭാര്യയാണ് ഭർത്താവാണ് അംഗീകരിച്ചതോടുകൂടെ പത്തിരുപത്തഞ്ചു വർഷം മുപ്പത് വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ഒക്കെ പുറത്തായി വിവാഹം കഴിഞ്ഞ് നാല് ദിവസേ ആയുള്ളൂ അങ്ങനെ ഒരു ബന്ധം ഈ ബന്ധം എവിടെ വന്നു അംഗീകരിച്ചു ഉള്ളൂ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ ആളുകൾ എന്ത് പറയുന്ന അത് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ അഭിനിവേശമുള്ളത് കൊണ്ടാണ് അംഗീകരിക്കുന്നത് കൊണ്ട് ആ ബന്ധത്തിൽ അത്ര കണ്ട് ആഴം വരണത് എന്ന് പറയും സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലേ ഉള്ള അഭിനിവേശത്തിന് ഇത്ര ഫോഴ്സ് ഉണ്ടെങ്കിൽ നിത്യസംബന്ധമുള്ള ഈശ്വരനോടുള്ള അഭിനിവേശത്തിനെ അംഗീകരിച്ചത് കൊണ്ട് എന്തുകൊണ്ട് നടക്കില്ല എന്നാണ് ആചാര്യന്മാർക്ക് ചോദിക്കാനുള്ളത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം അഭിനിവേശം കൊണ്ട് ഉണ്ടാവണതാണെങ്കിലും കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുകയും പിന്നെ ചണ്ട കൂടുകയും പിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും ചണ്ടകൂടാൻ സാധ്യമല്ല പിരിയാൻ സാധ്യമല്ല ഈശ്വരൻ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് നിത്യസംബന്ധം ഭഗവാനോട് ഉണ്ടെന്ന് അറിയണം ആ നിത്യസംബന്ധമാവട്ടെ അഭേദ സംബന്ധമാണ് നമുക്കറിയാൻ വേണ്ടി സംബന്ധം എന്ന് പറയുന്നു ഭാഗവതത്തിൽ അമൃതമഥന സന്ദർഭത്തിൽ അസുരന്മാരും ദേവന്മാരും കൂടെ മന്ധരപർവ്വതത്തിനെ സമുദ്രത്തിൽ ഇരുത്തുകയും വാസുകയെ കയറായി ഉപയോഗിക്കുകയും മഥനം ചെയ്യുകയും കടയുകയും ഒക്കെ ചെയ്തു കടയാൻ തുടങ്ങിയപ്പോ പതുക്കെ പതുക്കെ ആ പർവ്വതം കടലിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലാണ് അപ്പം ഇവര് അസുരന്മാർ ബലം പ്രയോഗിച്ച് നോക്കി ദേവന്മാർ പ്രയം പ്രയോഗിച്ചു നോക്കി ഒന്നും നടക്കണില്ല അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരണത് ശരണം പ്രാപിക്കാനായിട്ട് അവിടെ ശ്രീശുഖബ്രഹ്മമഹർഷി പറയുന്നു വിലോക്യ വിഘ്നേശവിധിം തദ്ദേശവരോ ദുരന്തവീര്യോ അവിതഥാ സന്ധി കൃത് വപു കാക്ഷഭുതം മഹത് പ്രവിശ്യതോയം ഗിരി ഉജ്ജഹാര ഭഗവാൻ വിലോക്യ വിഘ്നേശവിധിം അവിഘ്നം കണ്ടട്ട് വിഷമം കണ്ടട്ട് ആ വിഷമത്തിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോ ആ ഈശ്വരൻ ആ ഈശ്വരൻ ആരാണ് അവിതഥാഭിസന്ധിഹീ ആ വാക്കാണ് പ്രധാനം ആ കുർമാവതാരത്വം വിദധം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് തോന്നും പക്ഷെ വാസ്തവത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോ ഇല്ല അതിനാണ് വിദദ്ധം എന്ന് പേര് കള്ളം ലോകത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും ആവശ്യത്തിന് വരുമ്പോൾ ഒന്നും പ്രയോജനപ്പെടില്ല മുഖ്യമായ കാര്യം വരുമ്പോ ആരൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായാലും മരണം വന്നാൽ ഞാൻ തന്നെ മരിച്ചു പോകണം വന്നാൽ ഞാൻ തന്നെ അനുഭവിക്കണം ഇതിലൊന്നും ആർക്ക് സഹായിക്കാൻ പറ്റില്ല ഗജേന്ദ്രന് എത്ര ശരീരബലം ഉണ്ടായിരുന്നു കൂടെ എത്ര ആനകൾ ഉണ്ടായിരുന്നു ഒക്കെ വിളിച്ചാൽ വരും അല്ലേ അത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒക്കെ വിധതാഭിസന്ധിഹി ആവശ്യത്തിന് വേണമെന്ന് തോന്നണ്പോ ആരുടെ തന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല താൻ ആശ്രയിച്ചിരിക്കുന്നവരുടെ ബലവും പ്രയോജനപ്പെട്ടില്ല തന്റെ ബലവും താൻ ആശ്രയിച്ചിരിക്കുന്നവരുടെ ബലവും പ്രയോജനപ്പെടില്ല എന്നുള്ള അറിവ് വ്യക്തമാവുമ്പോഴാണ് അവിതഥമായ അഭിസന്ധി ആരുടെത്തെങ്കിലും ഉണ്ടോ എന്ന് ഈ ജീവൻ ചിന്തിക്കുന്നത് കശനേഷോ ബലിനോന്തോരകാത് പ്രചണ്ഡ വേഗാത് അഭിധാവതോ വൃഷം എന്ന് അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നവരൊക്കെ കൈവിട്ടു ഞാൻ ആരെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ആശ്രയിക്കുന്ന വസ്തുക്കളൊക്കെ ഇട്ടിട്ട് പോയി അപ്പൊ ഇനി ആശ്രയിക്കാൻ എന്തുണ്ട് ആരെ ആശ്രയിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നിത്യ സംബന്ധമുള്ളത് ഭഗവാനോടാണ് ഭഗവാൻ സ്ഥൂല വസ്തുവായി നമുക്ക് കാണപ്പെടുന്നില്ലെങ്കിലും ഭഗവാനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റണില്ലെങ്കിലും ഭഗവാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ലെങ്കിലും ഭഗവാനെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റണില്ലെങ്കിലും മൂക്കുകൊണ്ട് മണക്കാൻ പറ്റണമെന്നില്ലെങ്കിൽ നാവ് കൊണ്ട് രുചിക്കാൻ പറ്റണില്ലെങ്കിലും ഭഗവാനാണ് നമുക്ക് ആവശ്യത്തിന് ആശ്രയിക്കാനുള്ള വസ്തു പക്ഷെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മൂക്കുകൊണ്ട് മണക്കുന്നതും നാവ് കൊണ്ട് രുചിക്കുന്നതും തൊക്കുകൊണ്ട് സ്പർശിക്കുന്നതുമായ വസ്തുക്കളൊക്കെ തന്നെ ആശ്രയിക്കാൻ കൊള്ളാത്ത വസ്തുക്കളാണ് പ്രത്യക്ഷം എന്ന് പറയുന്നതും നമുക്ക് പ്രായോഗികമായി പ്രയോജനപ്പെടുമെന്ന് ലൗകികവാദം ഉന്നയിക്കുന്നതുമായ വസ്തുക്കളൊക്കെ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ചതിച്ചു കളയുന്നതായിട്ട് നമുക്ക് കാണാം ഒന്നും പ്രയോജനപ്പെടും നേരെ മറിച്ച് ഏത് പ്രത്യക്ഷം വേറെ അനുഭവം വേറെ അനുഭവം ഒരിക്കലും പ്രത്യക്ഷമല്ല പ്രത്യക്ഷം ഒരിക്കലും അനുഭവമല്ല ഞാൻ ഉണ്ട് എന്നുള്ളതാണ് അനുഭവം നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് പ്രത്യക്ഷമാണ് പ്രത്യക്ഷമായി നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു എന്റെ ശബ്ദം കേൾക്കുന്നു നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാം നിങ്ങളെ തൊടാം ഇത് പ്രത്യക്ഷമാണ് പക്ഷെ നിങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവമല്ല പ്രത്യക്ഷം വിധതവും അനുഭവം സത്യവുമാണ് പ്രത്യക്ഷം മിഥ്യയും അനുഭവം ഉണ്മയുമാണ് ഇപ്പൊ നിങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് മിഥ്യയാണ് മിഥ്യ കള്ളം എന്നല്ല അർത്ഥം ഉണ്ടെന്ന് തോന്നും പക്ഷേ എനിക്ക് അനുഭവത്തിലില്ല ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്കുണ്ടെന്ന് അറിയാൻ പറ്റുള്ളു കണ്ണുകൊണ്ട് കാണുകയാണ് നിങ്ങളെയൊക്കെ ഞാൻ കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ചെവി കൊണ്ട് ശബ്ദം കേൾക്കണം ചെവിയില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയിക്കാൻ ഒരു സാധ്യവുമില്ല ഒരു വഴിയില്ല അപ്പം നിങ്ങളുണ്ട് എന്നുള്ളത് പ്രതീതിയും ഞാൻ ഉണ്ട് എന്നുള്ളത് അനുഭവവുമാണ് ഈ രണ്ടു വാക്കുകൾ അറിഞ്ഞാൽ വേദാന്തശാസ്ത്രം മുഴുവൻ നമ്മൾക്ക് മനസ്സിലായി അനുഭവം പ്രതീതി പെർസെപ്ഷൻ എക്സ്പീരിയൻസ് അനുഭവം എന്നുള്ളത് ബോധത്തിൻ്റെ മാത്രം സ്വരൂപമാണ് ആത്മാവിന് മാത്രമാണ് അനുഭവം എന്നുള്ള ലക്ഷണമുള്ളത് ജഡത്തിനോ പ്രകൃതിക്കോ സ്വച്ഛന്തമായി സ്വതന്ത്രമായി ഒന്നും അനുഭവിക്കാൻ പറ്റില്ല ഈ മൈക്കിന് താൻ മൈക്കാണെന്നും ഇവിടെ ഉണ്ടെന്നും അതിനറിയില്ല എനിക്ക് ഞാനുണ്ട് എന്ന അനുഭവമുണ്ട് ഈ അനുഭവം ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഭഗവാൻ കേവലാനുഭവസ്വരൂപ എന്ന് പലയിടത്തും പറയണത് അനുഭവത്തിനെ പ്രകാശിപ്പിക്കാൻ ഇന്ദ്രിയങ്ങളുടെയോ ബുദ്ധിയുടെയോ മനസ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല അനുഭവം സ്വപ്രകാശമാണ് അനുഭൂതികാശ എന്തുകൊണ്ട് അനുഭൂതിത്വാത്ത് വേദാന്തത്തില് വളരെ പ്രൗഢമായ വേദാന്തശാസ്ത്രം പഠിക്കുന്നവർക്ക് വരുന്നൊരു സമ്പ്രദായമാണ് ഈ താർക്കികന്മാർ പറയും എന്തിനേയും പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് അനുമാനം പക്ഷം ഹേതു എന്ന് അഞ്ച് ലക്ഷണങ്ങൾ പറയണം പർവ്വതത്തിൽ തീയുണ്ട് എങ്ങനെ മനസ്സിലായി പുക കാണുന്നു പുക കാണുന്നത് കൊണ്ട് തീയുണ്ട് അതിന് പുക കാണുന്ന സ്ഥലത്തൊക്കെ തീയുണ്ടാവണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു യഥാ മഹാനസ അടുക്കളയിൽ കണ്ടിട്ടുണ്ട് പർവ്വതോ വന്യമാൻ ധൂമവത്വാത് ഇങ്ങനെ ലക്ഷണം പറയും ഇതേപോലെ ബ്രഹ്മ തത്വത്തിനും പക്ഷം ഹേതു ഒക്കെ പറയണമെങ്കിൽ അനുഭൂതികാശ അനുഭവം സ്വപ്രകാശമാണ് എന്തുകൊണ്ട് അനുഭൂതിത്വാത് അനുഭൂതിയായതുകൊണ്ട് എന്തുപോലെ അനുഭൂതിവത് അനുഭൂതിയെ പോലെ അനന്വയാലങ്കാരമാണ് വേറെ ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം പ്രജ്ഞാനമാണ് പ്രജ്ഞാനം ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് എന്ന് ശ്രുതി ആദ്യം പ്രതിജ്ഞ ചെയ്തു കോൺഷ്യസ്നെസ് ഇസ് ദ നേച്ചർ ഓഫ് ട്രൂത്ത് ശരി അതൊരു ഡിക്ലറേഷനായി ഇപ്പൊ ആ പ്രജ്ഞാനത്തിനെ എവിടെ കണ്ടെത്തും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞല്ലോ ആ പ്രജ്ഞാനത്തിനെ എവിടെ സാക്ഷാത്കരിക്കും അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മം എന്നർത്ഥമെടുക്കരുത് ഞാൻ എന്ന ബോധരൂപത്തിൽ ബ്രഹ്മം നിങ്ങളുടെ സ്വാനുഭവത്തിൽ ഇപ്പൊ തന്നെ ഒളിഞ്ഞുകിടക്കണുണ്ട് എന്നാണ് ആ മഹാവാക്യത്തിനർത്ഥം ബോധമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം ബോധം എന്നിൽ എന്ന അനുഭവ രൂപത്തിൽ സിദ്ധമാണ് അഹം രൂപേണ സിദ്ധത്വാത് പരമാത്മാ അല്ലെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് അനുഭവത്തിൽ ഇപ്പൊ തന്നെ ഉണ്ട് അത് പരമാത്മാവാണെന്നും ഭഗവാനാണെന്നും നമ്മൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഭഗവാനെ പുറമേക്കോ അന്വേഷിച്ചുകൊണ്ടിരിക്കണോ പുറമെ അന്വേഷിച്ചാലും ആചാര്യന്മാരൊക്കെ സമ്മതിച്ചു തരണോ അന്വേഷിക്കൂ അവസാനം നിങ്ങളിവിടെ വരേണ്ടി വരും എന്നേ അവർക്ക് തിരുമൂലർ തിരുമന്തിരത്തിൽ പറഞ്ഞു നാടും നഗരമും നൽത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവരുമാനെ പാടുമിൻ പാടി പണിമിൻ പണിന്ത പിൻ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളവനെ അവിടെയും ഇവിടെയൊക്കെ ചെന്ന് അവിടെ ശിവനുണ്ട് ഇവിടെ ഭഗവാനുണ്ട് അന്വേഷിച്ചു കഴിഞ്ഞ അവസാനം നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ എന്ന് തന്നിലേക്ക് തന്നെ വരും പരമേശ്വരൻ എവിടെ സിദ്ധിച്ചിരിക്കുന്നു അഹം എന്ന അനുഭവത്തിന്റെ ഉണ്മയായ പൊരുളാണ് ഭഗവാൻ അപ്പോ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഭഗവാൻ സിദ്ധമാണ് എന്നുള്ളത് പരമേശ്വരസ്വരൂപമാണ് പരമാത്മസ്വരൂപമാണ് പ്രകൃതി വികൃതി ഭിന്നഹ ശുദ്ധ ബോധസ്വഭാവ സദസിതമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേഹേ ബുദ്ധിക്ക് സാക്ഷിയായിട്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളിലും മാറ്റം കൂടാത്ത അവബോധമായിട്ട് പരമാത്മാവ് ഭഗവാൻ സർവേശ്വരൻ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ഞാൻ എന്ന അനുഭവത്തിന്റെ ഉണ്മയായ പൊരുളായി നമുക്ക് അനുഭവത്തിൽ ഇണങ്ങി നിൽക്കണുണ്ട് പിന്നെ എന്ത് ഇത് ഭഗവത് സ്വരൂപമാണെന്ന് അനുഭവപ്പെടാത്തത് തത്വമസി എന്ന് സ്വയം ഭഗവത് അനുഭവത്തിനെ കണ്ടെത്തിയ ഒരാചാര്യൻ ഈ ബോധം പരമാത്മസ്വരൂപമാണെന്ന് അറിഞ്ഞ് തന്നിൽ വാസനകളൊക്കെ ഇല്ലാതാക്കി തീർത്ത് ബോധോ നിർവാസനോയസ് നിർവാസനാ വാസനാശൂന്യമായ ശുദ്ധമായ ചിത്തിൽ പ്രതിഷ്ഠിതനായ ഒരാചാര്യൻ എന്റെ ഉള്ളിൽ ഏതൊരു ചിത്ത് പ്രകാശിക്കുന്നുവോ ബോധം പ്രകാശിക്കുന്നുവോ അത് തന്നെയാണോ കുഞ്ഞെ നിന്നിലും അഹം തന്നെ എന്റെ ഉള്ളിലും അഹമാണ് നമ്മൾ തമ്മിൽ ഭേദമില്ല കവയഹ ഛിദ്രം ജാതു മനാഗി എന്നൊരാചാര്യൻ വന്ന് പറയുമ്പോ തനിക്കും എനിക്കും നടുവിലൊരു ഛിദ്രം പോലും ഇല്ല നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്റെ ഉള്ളിൽ ഏതൊന്ന് നിത്യശുദ്ധമായി പ്രകാശിക്കുന്നുവോ അത് തന്നെയാണ് നിന്റെ എന്നുള്ള ഐക്യത്തിനെ ഉപദേശിക്കുമ്പോൾ ഈ ജീവന് ശ്രദ്ധ ശ്രദ്ധാശക്തി ഈ ബോധത്തിൽ ചെല്ലും കുറച്ച് ശാക്തമായ ഭാഷയിൽ പറഞ്ഞാൽ ശ്രദ്ധ തന്നെ ഇവിടെ അംബികയായി മാറി ബൈന്ദവസ്ഥാനത്തിനെ അത് ആലിംഗനം ചെയ്യും അഥവാ ൈന്ദവസ്ഥാനത്തിനെ അത് ആഘാതമേൽപ്പിക്കുമെന്നാണ് അതായത് ഞാൻ എന്ന അനുഭൂതിയെ ശ്രദ്ധ ചെന്ന് തൊടും മനസ്സുകൊണ്ട് തൊട്ടാ പ്രയോജനമില്ല മനസ്സിനെ ശ്രദ്ധയാക്കി മാറ്റാനാണ് ജപവും തപസ്സും ഭക്തിയും നാമസങ്കീർത്തനാധിക സാധനങ്ങളും ത്യാഗവും വൈരാഗ്യവും കൊണ്ടൊക്കെ പരിപാകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ മനസ്സ് എന്ന് പറയുന്ന ജഡശക്തി ശുദ്ധമാവും ശുദ്ധമാവുമ്പോൾ അകമയ്ക്ക് വികാരങ്ങൾ പുറമേക്ക് പോകുന്ന വികാരങ്ങളുടെ രൂപത്തിലുള്ള മനസ്സ് അന്തർമുഖപ്രവാഹം അതിന് പ്രത്യപ്രവണത ഉണ്ടാകും ഉള്ളിലേക്ക് തിരിയും അപ്പോഴാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ചിന്തിക്കുകയും ആ അനുഭവം പരമേശ്വര സ്വരൂപമാണെന്നും കേവലം ഈ ശരീരത്തിനകത്തുള്ള ഒരു ബിന്ദുവല്ലെന്നും ആ ോധത്തിലാണ് ശരീരവും മനസ്സും പ്രപഞ്ചവും ഒക്കെ ഒരു പ്രതിഭാസമായിട്ട് കാണപ്പെടുന്നതെന്നും ആ ബോധം നിത്യമാണെന്നും അത് ചിതാകാശമാണെന്നും ഒക്കെ അനുഭവം കൊണ്ട് അകമയ്ക്ക് കാണുന്നത് ഒരു ചെറിയ കുമിളയിൽ അനന്തമായ ആകാശത്തിനെ കാണുന്ന പോലെ ഈ അല്പമായ ജീവശരീരത്തിൽ അന്തരംഗത്തിൽ പരമേശ്വരനെ കാണുന്നു സർവേശ്വരനെ കാണുന്നു ആ അനുഭവം തത്പദാർത്ഥ അനുഭവം ത്വം അസി എന്നുള്ള മഹാവാക്യത്തിൽ ത്വം എന്നുള്ളത് ജീവനാണ് അതായത് ഈ ശരീരത്തിനകത്ത് ഞാനിരിക്കണു എന്ന് ധരിക്കുന്നിടത്തോളം അത് ത്വം പദമാണ് അതുവരെ എന്തൊക്കെ തന്നെ നമുക്ക് അനുഭവം ഉണ്ടായാലും ധ്യാനം ഉണ്ടായാലും നമ്മൾ മുക്തരാവില്ല കാരണം എന്തൊക്കെ തന്നെ അനുഭവം ഉണ്ടായാലും അനുഭവം കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കുമ്പോൾ ശരീരത്തിലാണ് ഞാനിരിക്കുന്നത് എല്ലാ എന്റർടൈൻമെന്റും കഴിഞ്ഞിട്ടും അവസാനം എനിക്ക് ചുറ്റും വ്യാധിയുണ്ട് എനിക്ക് മരണമുണ്ട് എനിക്ക് വിഷമങ്ങളുണ്ട് ഞാൻ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് ഉള്ള ഭ്രമം ബാക്കി നിൽക്കും അവിടെയാണ് ശ്രുതി പറയണത് ആ ത്വംപദത്തിനെ തത്പദമാണെന്ന് ബോധിപ്പിച്ചു തരാനൊരു ഗുരു വരികയും ആ ഗുരുവിന്റെ വാക്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം ശ്രദ്ധയുണ്ടാവണമെങ്കിൽ ഗുരു എങ്ങനെ ഉണ്ടാവണം ആ പരമേശ്വരനിൽ തന്നെ ഇല്ലാതാക്കിയവനായിരിക്കണം ബ്രഹ്മണി ഉപരതാശാന്ത നിധന കെട്ടടങ്ങിയ അഗ്നി പോലെ ഇന്ധനമില്ലാതെ അടങ്ങിയ അഗ്നി പോലെ സ്വയം തത്പദവാച്യമായ ആകാശം സത്യത്തിൽ താൻ ഒന്നായിരുന്നു കൊണ്ട് യാതൊരു സംശയവുമില്ലാതെ തനിക്ക് അനുഭവമുള്ളതായ അമൃതത്വത്തിന് ശിഷ്യന് പകർന്നു കൊടുക്കണവനായിരിക്കും അതാണ് ഭാഗവതത്തിലൊക്കെ നടക്കുന്നത് ഏഴു ദിവസം കഥയൊക്കെ പറഞ്ഞു പലതും പറഞ്ഞുകൊടുത്ത് അവസാനം ശ്രീ സുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയുന്നു രാജൻ നീ മരിച്ചു പോകുമെന്ന് വിചാരിക്കണ്ട ത്വം തുജൻ മരിഷ്യേതി ജഹി അതാണല്ലോ പ്രശ്നം എന്റർടൈൻമെന്റിന് വേണ്ടിയല്ലല്ലോ ഈ പാ തക്ഷകൻ കടിക്കുന്നതിന് മുമ്പ് തന്റെ അമൃതാനുഭവം തനിക്ക് മരണമില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കണമല്ലോ മരണമില്ലായ്മയെ കണ്ടെത്തണമല്ലോ അപ്പോഴല്ലേ പൂർണ്ണ ആശ്വാസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒക്കെ നശിച്ചു പോവും ഭാരതി സ്വാമികൾ ഒരു ശിവസ്തോത്രം എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ വിഭവങ്ങളെയും വർണ്ണിച്ചിട്ട് പറഞ്ഞു സർവം വ്യർത്ഥം മരണസമയേ സാമ്പയേക്ക സഹായ സർവം വ്യർത്ഥം നീ എന്തൊക്കെ നേടിയെടുത്താലും ഒക്കെ അവസാനം ഈ ശരീരം പോയതോടുകൂടെ പോകുമെങ്കിൽ പിന്നെ എന്ത് കാര്യം അവിടെയാണ് പരീക്ഷത്തിന് അവസാനം ശ്രീശുഖ ബ്രഹ്മ മഹർഷി പറയണത് ത്വം തുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി നീ മരിച്ചു പോകുമെന്നുള്ള പശുബുദ്ധി ശൈവ സിദ്ധാന്തത്തില് പതി പശു പാശം എന്നൊക്കെ പറയും പശു എന്ന് വെച്ചാൽ നമ്മളൊക്കെ പശുവാണ് എത്ര കാലം ശരീരത്തിൽ അഭിമാനത്തോടു കൂടി ഇരിക്കണോ അത്ര കാലം നമ്മളൊക്കെ പശുവാണ് എപ്പോ ശരീരം ഞാനല്ലെന്നും ഘടാകാശം മഹാകാശേ ഇവാത്മാനം പരാത്മനി വിലാപ്യ അവിടെ പരീക്ഷത്തിന് ശ്രീ സുഖബ്രഹ്മഹർഷി ഇതേ തത്വം പറഞ്ഞു കൊടുക്കുന്നു ഘടം പൊട്ടുമ്പോ എങ്ങനെ ഘടത്തിനകത്തുള്ള ആകാശം പുറമേയുള്ള ആകാശത്തിൽ ലയിക്കുമോ അതുപോലെ ഹേ രാജൻ ഈ ശരീരം വീണു പോകുന്നത് ഒരു കുറവും വരില്ല അങ്ങയുടെ സ്വരൂപം യഥാർത്ഥത്തിൽ ഈ ശരീരവുമായി സംബന്ധപ്പെട്ടിട്ടേ ഇല്ല ശരീരം ഈ അഖണ്ഡമായ ചിതാകാശത്തിൽ ഒരു അപ്പിയറൻസ് മാത്രമാണ് അത് ഡിസപ്പിയർ ആവട്ടെ മറ്റ് ശരീരങ്ങളൊക്കെ പിന്നെയും ജനിക്കുകയും മറിയുകയും ചെയ്യുമെങ്കിലും സത്യം ഒരിക്കലും മാറുന്നില്ല അതാണ് നീ എന്ന് അറിയൂ തത് ത്വമസി അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമിക്ഷന് ആത്മാനം ആത്മനി ആദായ നിഷ്കലേ ദശന്തം തക്ഷകം പാത ലേലിഹാനം വിഷാനനൈഹി നദ്രക്ഷ്യസി ശരീരം ചെ വിശ്വം ചെ പൃഥകാത്മനഹ ഇതൊക്കെ നമ്മൾ വളരെ ആഴ്ന്നു വിചാരം ചെയ്യേണ്ടതാണ് നമുക്ക് ഇത്രയൊക്കെ പ്രശ്നമുള്ളൂ എനിക്കിപ്പോൾ നിങ്ങളൊക്കെ കേട്ടാൽ എന്താ കേട്ടിട്ടില്ലെങ്കിൽ എന്താ നിങ്ങളൊക്കെ എന്നെ വാഴ്ത്തിയാൽ എന്താ നിന്ദിച്ചാൽ എന്താ എനിക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയാൽ എന്താ ആള് വന്നാൽ എന്താ പോയാൽ എന്താ എനിക്കാകെ പാടുള്ള പ്രശ്നം എന്റെ മുമ്പിൽ മരണം നിൽക്കണോ വ്യക്തമായിട്ട് ഞാൻ കാണുന്നു പേടിയുണ്ട് എനിക്ക് വ്യാധിയുണ്ട് അപ്പം ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഈ ഒറ്റ ചോദ്യമേ അറിവുള്ള മനുഷ്യൻ ചോദിക്കേണ്ടതായിട്ടുള്ളൂ ആ കാര്യത്തിൽ നമ്മൾ വളരെ സ്വാർത്ഥരായിട്ടിരിക്കണം സ്വാർത്ഥത നേടിക്കഴിഞ്ഞാൽ സ്വാർത്ഥത ശരിയായ തലത്തിൽ വരുമ്പോൾ നിസ്വാർത്ഥതയായിട്ട് മാറും സ്വാർത്ഥതയെ നിഷേധിച്ചിട്ട് കാര്യമില്ല സ്വാർത്ഥതയെ വേണ്ട ഉപയോഗിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും നിസ്വാർത്ഥനായവൻ അവനെ ലോകം നിസ്വാർത്ഥനായിട്ട് കാണും പക്ഷെ അവൻ അവൻറെ അന്തരംഗത്തിൽ സ്വാർത്ഥം സമ്പാദിക്കാൻ പുറപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സ്വാർത്ഥം എന്താ ജനന മരണങ്ങളിൽ നിന്നും പുറത്തു ചാടണം ആരാണോ ആ നിശ്ചയം അകമേക്ക് ആരെങ്ങനെ നിശ്ചയിക്കുന്നു അവൻ സ്വാർത്ഥനായിരിക്കും അത്തരത്തിലുള്ള സ്വാർത്ഥൻ എങ്ങനെയുണ്ടാവും എന്ന് വെച്ചാൽ അയാൾക്ക് പേരിലും പണത്തിലും പ്രസിദ്ധിയിലും ഭോഗങ്ങളിലും ലോകത്തിൽ മുൻപിൽ വരണമെന്നുള്ള ആഗ്രഹങ്ങളും മുൻപന്തിയിലിരിക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഈ ഒരു സ്വാർത്ഥത കൊണ്ട് വിട്ടുപോവുകയും ലൗകികമായ വസ്തുക്കളെയോ ദ്രവ്യങ്ങളെയോ സ്ഥാനമാനങ്ങളെയോ ഒക്കെ ആർക്ക് വണങ്ങിക്കൊടുക്കാൻ തയ്യാറാവുകയും അയാൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ എപ്പോഴും തയ്യാറാവുകയും ചെയ്യുമ്പോൾ അയാൾ വാസ്തവത്തിൽ ആന്തരികമായ സത്യത്തിൽ സ്വാർത്ഥനായിരിക്കുന്നത് ലോകത്തിൽ മുഴുവൻ നിസ്വാർത്ഥനായിട്ട് തീരും ഈ സ്വാർത്ഥതയില്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഈ അന്തരംഗ സ്വാർത്ഥത നേടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് പ്രശ്നം ഇത്രയേ ഉള്ളൂ പരീക്ഷിത്തും ആ സ്വാർത്ഥതയോടുകൂടിയാണ് ഗംഗാതീരത്തിൽ ഇരിക്കണതേ അറിയേണ്ടത് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരമൊന്നും വേണ്ടാതാണ് വിതുരൻ ധൃതരാഷ്ട്രരോട് പറയണത് ഒന്നിൽ സ്വയം വിചാരം ചെയ്ത് അറിയണം അല്ലെങ്കിൽ മഹാത്മാക്കൾ പറഞ്ഞു തരണത് കേട്ടറിയണം യസ്വകാത്ത് പരതോവേഹ ജാത നിർവേദ ആത്മവാൻ ഹൃതികൃത് ഹരിം ഗേഹാത് പ്രവ്രജേ ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതർ ജഹഹ്യാത് സവൈ ധീര ഉദാഹൃത ആരാണ് ധീരനായിട്ടുള്ളവൻ എന്ന് വെച്ചാൽ പരത്തോവാ ഒന്നിൽ സ്വയമേവയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ അറിയേണ്ടത് വിചാരം ചെയ്ത് അറിഞ്ഞ് സത്യമല്ലാത്തതിനോടൊക്കെ വിരക്തി സമ്പാദിച്ച് പാമ്പ് അതിന്റെ പുറഞ്ചട്ട അഴിച്ചു മാറ്റുന്ന പോലെ മരണം വരുന്നതിനു മുമ്പ് മരണം സീലടിച്ചിട്ടുള്ളതായി ശരീരത്തിന് മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് അതാണ് പരീക്ഷത്തിനോട് സുഖബ്രഹ്മ മഹർഷി കുറച്ചു കഴിഞ്ഞാൽ തക്ഷകൻ വരും ആ തക്ഷകൻ അച്ഛന്റെ ശരീരം മകൻ കൊള്ളി വെക്കണ പോലെ വെച്ചിട്ടു പോട്ടെ ആ തക്ഷകനോ ഈ ശരീരമോ അങ്ങക്ക് ആത്മാവിൽ നിന്ന് അന്യമായി തോന്നാൻ പാടില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ ഒരു സ്റ്റേറ്റ് സമ്പാദിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ജീവിതം സാർത്ഥകമായില്ലേ അല്ലാതെ കുറച്ചു നേരം പ്രാണനെ പിടിച്ചു നിർത്തുകയോ കുറച്ച് ഭഗധ്യാനം ചെയ്യുകയോ ഒരിടത്തൊരു അഞ്ച് മിനിറ്റ് കണ്ണു അടച്ചിരിക്കുകയോ ചെയ്തിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു പറഞ്ഞിട്ട് കാര്യം അല്ല ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധനായി വെച്ചാൽ എന്ത് കാര്യം നമുക്ക് ഈ പ്രശ്നം മുമ്പിൽ നിൽക്കണതേ നിന്നുകൊണ്ടേയിരിക്കണേ അതാണ് തതയ്ക്കും ആചാര്യസ്വാമികൾ എന്തൊക്കെ തന്നെ നേടിയാൽ തതയ്ക്കും ഗുരു ഗുരു അഷ്ടകം ആചാര്യസ്വാമികൾ ഗുരു അഷ്ടകം എഴുതി അതിലാണ് ഈ തഥക്കിം എന്ന് വരണത് ശരീരം സ്വരൂപം തഥാവാ കളത്രം യശ്ശാരുചിത്രം ധനം മേരുതുല്യം ഗുരോരങ്ക്രി പത്മേ മനശേ എന്ന ലഗ്നം തതക്ക്യും തതക്ക്യും തതക്ക്യും തതയ്ക്കും ആ ശ്ലോകത്തിന്റെ വാസ്തവത്തിലെ പൊരുൾ എന്താന്ന് വെച്ചാൽ ശരീരം നല്ല സുന്ദരമായ ശരീരം ആരോഗ്യമായിട്ടുണ്ട് ഭാര്യ സുന്ദരിയായിട്ടുണ്ട് ആരോഗ്യമായിട്ടുണ്ട് ധാരാളം ധനമുണ്ട് ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധിയുണ്ട് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഗുരുവിന്റെ പാദപത്മത്തിൽ ഭക്തി ഇല്ലെങ്കിൽ എന്തു പ്രയോജനം എന്തു പ്രയോജനം അവിടെ ഗുരുപാദത്തിൽ ഭക്തി ഗുരുവിന്റെ കാല് കഴുകാനോ തുടച്ചു വൃത്തിയാക്കാനോ അല്ല ഗുരുപാദത്തിൽ ഭക്തി വെച്ചാൽ ഗുരു പറയണത് കേൾക്കലാണ് ഗുരുപാദത്തിൽ ഭക്തി ഒരു സ്വയം സത്യം കണ്ടെത്തിയവനാണ് ഗുരു ആ സത്യദർശിയായ ഗുരുവിൽ നിന്നും ജനന മരണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാത്തതായ സത്യത്തിനെ അറിയലാണ് ഗുരുഭക്തിയുടെ പ്രയോജനം അല്ലാതെ ഗുരുവിന് നമ്മളുടെ ദക്ഷിണയോ കാല് പിടിച്ചു കൊടുക്കലോ കൈ പിടിച്ചു കൊടുക്കലോ ഗുരുവിനെ കുറിച്ച് സ്തുതിച്ചു പാടലോ ഇതൊക്കെ ആ ഗുരുവിന് സന്തോഷം ഉണ്ടാവോ അങ്ങനെ സന്തോഷിക്കുകയാണെങ്കിൽ അദ്ദേഹം വാസ്തവത്തിലുള്ള ഗുരുവാണോ നമ്മൾ കാലു പിടിച്ച് സന്തോഷിക്കുന്ന ഗുരു അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ നാല് പാട്ട് പാടിയാൽ സന്തോഷിക്കുന്ന ഗുരു ഭൗതിക മനുഷ്യരെ ലൗകിക മനുഷ്യരെക്കാൾ ലൗകികനാണ് അങ്ങനെ ഒരാള് യഥാർത്ഥ സത്യദർശിയായ ഗുരു അങ്ങനെയൊന്നും സന്തോഷിക്കില്ല ജീവൻ അല്പം ജ്ഞാനമുണ്ടായാൽ പോലും അദ്ദേഹം സന്തോഷിക്കില്ല കൈവല്യനവനീതത്തിൽ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു അങ്ങയുടെ കൃപ കൊണ്ട് എനിക്ക് ജ്ഞാനമുണ്ടായി ഞാൻ നേടേണ്ടത് നേടി ഞാൻ തിരിച്ചങ്ങക്ക് എന്ത് തരും എനിക്കൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അയ്യനെ അനന്ത ജന്മങ്ങൾ എന്നതുളേയനെ ആണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവന്ത ഗുരുവേ പോറ്റി ഉയ്യവേ മുക്തി നൽകും ഉദവിക്കോർ ഉദവി നായേൻ ചെയ്യുമാറൂണ്ടും കാണേൻ തിരുവടി പോറ്റി പോറ്റി അനന്ത ജന്മങ്ങളായി എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പതുക്ക പതുക്ക പതുക്കെ ഈ മുക്തിക്കുള്ള ബീജത്തിനെ അവസാനം എന്നിൽ വൈരാഗ്യം ഉണ്ടാക്കി സത്യദർശനത്തിന് വേണ്ട വ്യാകുലത ഉണ്ടാക്കി ആ ഉള്ളിൽ അന്തര്യാമിയായി സൂക്ഷ്മമായി ഇത്രകാലം അകമേ നിന്ന് എന്നെ ഇങ്ങനെ സത്യമാർഗത്തിലേക്ക് തള്ളി അവിടെ നിന്ന് തന്നെ പുറമേക്കൊരു രൂപം ധരിച്ച് എന്റെ മുമ്പിൽ വരികയും എനിക്ക് തത്വമസി എന്നും മഹാവാക്യം ഉപദേശിക്കുകയും സത്യത്തിൽ എന്നെ പിടിച്ച് ഇരുത്തുകയും ചെയ്ത് അങ്ങക്ക് ഞാൻ എന്ത് തിരിച്ചു തരും എന്ന് ചോദിക്കാം അപ്പൊ ആ ഗുരു പറയണത് ശിഷ്യൻ ഇവാറ് കൂറ് ൻ മകിഴ്ന്നു നോക്കി ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഗുരു സന്തോഷിച്ചു എന്താന്ന് വെച്ചാൽ കിട്ടിയിരിക്കണു വസ്തു കാര്യം കിട്ടിയിരിക്കണു അതിൽ സന്തോഷമുണ്ട് കിട്ടവായനവേ അഴൈത്ത് അടുത്ത് വരൂന്ന് വിളിച്ചു അത്രയും എന്നിട്ട് പറയണത് ദുഷ്ടമാം തടൈകൾ മൂടും തുടരാതെ വണ്ണം എന്നുവെച്ചാൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം പക്ഷെ ഈ ആ കുളത്തില് ചണ്ടിയുള്ള സ്ഥലത്ത് പായലുള്ള സ്ഥലത്ത് പായലിങ്ങനെ നീക്കിയിട്ട് നമ്മൾ മുങ്ങും മുങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പായൽ വന്ന് തലയുടെ വന്ന് കൂടും അതുപോലെ അജ്ഞാനത്തിന് മാറ്റിയിട്ട് സത്യത്തിനെ കാണുമ്പോഴേക്കും നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുമ്പോഴേക്കും അജ്ഞാനം എന്ന് വീണ്ടും അറിയും അതുകൊണ്ട് ദുഷ്ടമാം തടൈകൾ മൂന്നുവിധ തടസ്സം ഒന്ന് സത്യത്തിനെ കണ്ടിട്ട് അത് വാസ്തവമാണോ അല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടാവുക ആ സംശയം നീങ്ങണമെങ്കിൽ ആചാര്യൻ പറയണം നീ കണ്ടത് സത്യമാണ് അതിൽ തന്നെ നിൽക്കൂ എന്ന് പറയണം രണ്ട് സത്യത്തിനെ കണ്ടിട്ടും ദേഹാഭിമാനത്തിൽ വീണുപോവുക സംശയം വിപര്യം അജ്ഞാനം ഈ മൂന്ന് തടസ്സമാണ് പിന്നെ വിപരീതമായ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുക ചിലപ്പോ ഞാൻ സത്യദർശിയാണ് ഞാൻ വലിയ യോഗിയാണ് അവതാരപുരുഷനാണെന്നൊക്കെ ചിലപ്പോ തോന്നി പോകുവാ അഹങ്കാര വേഷം ഇട്ടിട്ട് പോയി അതാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞു അഹന്തവരാവരം തരയണം ചിലപ്പോ അങ്ങനെയൊക്കെ വന്നു പോകുന്നതാണ് അങ്ങനെയൊന്നും പെട്ടുപോവാതെ ദുഷ്ടമാം തടൈകൾ മൂണ്ടും തുടരാതവണ്ണം സ്വരൂപജ്ഞാന നിഷ്ഠനായിരുപ്പായാകിൽ നീ ചെയ്യും ഉദവിയാമേ എന്നാണ് നീ എനിക്ക് ചെയ്യുന്ന ഉപകാരം ഗുരുദക്ഷണ എന്താണെന്ന് വെച്ചാൽ സ്വരൂപജ്ഞാനനിഷ്ഠനായിരപ്പായാകിൽ ആ കിട്ടിയ ശാന്തി ഉണ്ടല്ലോ ആ ശാന്തി നഷ്ടപ്പെടുത്താതെ ആ നിശ്ചലത നഷ്ടപ്പെടുത്താതെ ആ സ്വരൂപാനുഭവം നഷ്ടപ്പെടുത്താതെ അതിൽ തന്നെ നിഷ്ഠനായിട്ട് ഇരിക്കുമെങ്കിൽ എനിക്ക് ചെയ്യുന്ന ഉപകാരമായി അതായത് ആ കിട്ടിയ അനുഭവം എങ്ങനെ ബാധിക്കപ്പെടും എന്നലെ പറഞ്ഞല്ലോ പ്രകാശം ച പ്രവൃത്തി മോഹമേവച പാണ്ഡവം സത്വഗുണം വരുമ്പോ വീണ്ടും ഭ്രമിച്ചു പോവും ആഹ് ഞാൻ ധ്യാനിക്കുന്നു ഞാനിപ്പോ യോഗസ്ഥിതിയിലാണ് രജോ ഗുണം വരുമ്പോ അയ്യോ ഞാൻ രജോ ഗുണത്തിൽ വീണുപോയല്ലോ പതിതനായി പോയല്ലോ തമോ ഗുണം വരുമ്പോ തമസിനോട് ഐഡന്റിഫിക്കേഷൻ ഇതിലൊന്നും വീണു ചലിച്ചു പോവാതെ അപ്രച്യുതനായിട്ട് ഇരിക്കണമെങ്കിൽ ഈ ജീവന് ആ ഗുരു കൃപ വേണം ഗുരുകൃപ എന്ന് വെച്ചാൽ ീ പ്രവനം എന്നിലല്ല ഉണ്ടാവണം അത് പ്രകൃതിയിലാണെന്നും അതിനു പുറകിൽ ഒരു പ്രച്ഛ്യവനത്തിനും സാധ്യമല്ലാതെ സ്പർശമില്ലാതെ ഇരിക്കുന്ന നിശ്ചലമായ അധിഷ്ഠാനം ഉണ്ടെന്നും ആ അധിഷ്ഠാനത്തിനൊരു കളങ്കും ഏൽക്കണമെന്നില്ലെന്നും അങ്ങട് കാണിച്ചു തരണം ബോധയന്തി ഗുരവശ്രുതയോ യഥാ അങ്ങട് മാറി നിന്നുകൊണ്ട് ഗുരുവോ ശ്രുതിയോ ഒക്കെ കാണിച്ചു തരും നീ ഇതാ നിനക്കൊരു കേടുപാടും പറ്റിയിട്ടില്ല ഉന്നൈ നീ അറിുകൊണ്ടാൽ ഉനക്ക് വോർ കുറയുമില്ലേ നീ ശരിക്കു തന്നെ അറിഞ്ഞാൽ നിനക്ക് ഒരു കുറവും വരില്ല കുറവൊക്കെ പ്രകൃതിയിലാണ് ഞാൻ തമോ ബാധിക്കപ്പെട്ടു പ്രകൃതിയാണ് പറയണത് അതാണ് രമണ മഹർഷിയോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ തമോ വീണു ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഇത് പറയണവൻ ആരാണെന്ന് നോക്കൂ ഞാനാണ് പറയണത് ഈ ഞാനാരാ വിചാരം ചെയ്യേണ്ട സമയം ഈ ഞാനെന്നുള്ള ജീവൻ എവിടെയോ പോയി ഒളിക്കുകയും കേവലമായ നിശ്ചലത മാത്രം നിൽക്കുകയും ചെയ്യും അപ്പൊ ആ ക്ഷണത്തില് ക്ലാരിറ്റി ഉണ്ടാവും ഈ തമോ ഗുണം എന്നെയല്ല ബാധിച്ചത് അത് പ്രകൃതിയിലാണ് ഞാൻ ഇപ്പോഴും കളങ്കമേൽക്കാതിരിക്കുന്നു എല്ലാത്തിനും മഹർഷി അത് പറയും കാരണം ഭഗവാൻ നിത്യമായ പരിഹാരത്തിനെ മാത്രമേ കാര്യമായി കരുതിയുള്ളൂ കാമം ഉണ്ട് എന്ന് ആർക്ക് കാമം കോപമുണ്ട് ആർക്ക് കോപം അസൂയ ആർക്ക് വരണോ ഇനിയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭഗവാനോടുത്ത് ചോദിക്കുന്നു ഒരാൾ പറയുന്നു എനിക്ക് കോപം അസൂയ ഒന്നും പോകണില്ലല്ലോ ഭഗവാന് ഈ കോപം അസൂയൊന്നും പോകാതിരിക്കാൻ കാരണം പ്രകൃതിയുടെ ദൂഷ്യങ്ങളെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ആരോപിക്കണത് കൊണ്ടാണ് പക്ഷെ അങ്ങനെയൊന്നും പറയാതെ ഭഗവാൻ അയാളോട് ചോദിക്കണത് ഈ കോപം അസൂയയൊക്കെ ഉറങ്ങുമ്പോ സുഷുപ്തി അവസ്ഥയിലുണ്ടോ സുഷുപ്തി അവസ്ഥയിൽ അതൊന്നുമില്ല എന്തുകൊണ്ടില്ല മനസ്സില്ലല്ലോ അതുകൊണ്ടില്ല അപ്പൊ ഈ കോപം കാമൊക്കെ എവിടെയാ ഉള്ളത് മനസ്സിലാണ് അപ്പോ സുഷുപ്തിയിൽ നീയുണ്ടോ ഞാനുണ്ട് അപ്പൊ മനസ്സിലാണ് കോപവും കാമൊക്കെ ഉള്ളത് മനസ്സുദിക്കുമ്പോൾ അതൊക്കെ ഉദിക്കുകയും മനസ്സിൽ ലയിക്കുമ്പോൾ അതൊക്കെ ലയിക്കുകയും ചെയ്യുന്നു നിന്നിൽ അതൊന്നും ഇല്ല എന്നുള്ളത് സുഷുപ്തി തന്നെ എനിക്ക് തെളിവാണ് അതിനെ ജാഗ്രതയിൽ ബോധപൂർവം സ്വീകരിക്കുക അസർട്ടിട്ട് പതുക്കെ പതുക്കെ പ്രകൃതിയിൽ നിന്ന് പിൻവാങ്ങുക പ്രകൃതിയിലുള്ള ദൂഷ്യങ്ങളോട് ചണ്ട കൂടി ആർക്കും അതിനെ ജയിക്കാൻ പറ്റില്ല നമ്മളുടെ ശക്തി അതിന് കൊടുക്കാതെ അതിൽ നിന്നും പിൻവലിഞ്ഞ് കോപമാണെങ്കിലും അതെ അസൂയയാണെങ്കിലും അതെ പിൻവലിയാം അതൊരു വിചാരം മാത്രമാണെന്ന് തള്ളിക്കളയാ ഉപേക്ഷിക്കുക ആ വിചാരമൊക്കെ പ്രകൃതിയിലാണ് വരുന്നത് എന്നിലല്ല ഉറക്കവും പ്രകൃതിയിലാണ് സ്വപ്നവും പ്രകൃതിയിലാണ് ജാഗ്രതും പ്രകൃതിയിലാണ് ഇതിനൊക്കെ പുറകിൽ ഒരു മാറ്റവും കൂടാതെ കേവല അസ്തിത്വമാത്രമായി ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഒരു ചിത്ത് സദാ നമ്മളിൽ കേന്ദ്രസ്ഥാനത്തിൽ പ്രകാശിക്കുന്നുണ്ട് അത് നമ്മളുടെ സ്വരൂപവുമാണ് അത് നമുക്ക് കിട്ടിയിട്ടുള്ളതുമാണ് കിട്ടേണ്ടതു അല്ല ശ്രദ്ധയെ അങ്ങട് തിരിച്ചുവിടുക അങ്ങട്ട് തിരിച്ചുവിടലാണ് ജ്ഞാനമാർഗം ധ്യാനമാർഗം എന്താന്ന് വെച്ചാൽ ഭാവന ചെയ്യലാണ് ഞാൻ ആത്മാവാണ് എനിക്ക് ജനനമില്ല മരണമല്ല നിത്യശുദ്ധമായ വസ്തുവാണ് ഞാൻ സദാ ആനന്ദ എനിക്ക് ഭയമില്ല എന്നൊക്കെ ധ്യാനിക്കുന്നത് ധ്യാനമാർഗമാണ് ധ്യാനമാർഗത്തിൽ വന്നാലും അവസാന ജ്ഞാനമാർഗത്തിലേക്ക് വരേണ്ടി വരും ജ്ഞാനമാർഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആത്മാവാണെന്നും ബ്രഹ്മമാണെന്നും മനോമണ്ഡലത്തിൽ പറഞ്ഞു ഇപ്പൊ എന്താവണു മനസ്സിനപ്പുറത്ത് നമ്മൾ ഏതൊന്ന് ബ്രഹ്മം ആത്മാ നിത്യവസ്തു എന്നൊക്കെ പറഞ്ഞു അതിനെ കാണിച്ചു കൊടുക്കുകയാണ് അതാണ് പരീക്ഷത്തിനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞില്ല ശുഭബ്രഹ്മ മഹർഷി ഏവം സമീക്ഷന് ശ്രദ്ധിക്കൂ സമ്യക് ഈക്ഷണം ചെയ്യൂ അതിപ്പോ ഉണ്ട് നിനക്ക് കിട്ടിയിരിക്കുന്നു നമുക്കല്പം ആനന്ദം ഉണ്ടാവണമെങ്കിൽ മനോമണ്ഡലത്തിൽ ധ്യാനിക്കാം ഏകാന്തത്തിൽ ഇരുന്ന് സുഖമായി ആസനത്തിൽ നിശ്ചലമായി ഏകാന്തത്തിൽ ഇരുന്ന് ഞാൻ ആത്മാവാണ് എനിക്ക് ജനനമില്ല മരണമില്ല നിത്യമുക്ത സ്വരൂപമായ വസ്തുവാണ് ആനന്ദ സ്വരൂപമായ വസ്തുവാണ് ആകാശം പോലെ ഉള്ളും പുറവും വ്യാപിച്ച് നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ മേഘങ്ങളൊക്കെ ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ ഇരുട്ടും വെളിച്ചവും ഒന്നും തന്നെ ആകാശത്തിനെ ബാധിക്കാത്ത പോലെ ഒരു കളങ്കവും എന്നെ ബാധിക്കണില്ല ജനന മരണങ്ങൾ എന്നെ ബാധിക്കണില്ല ഞാൻ നിത്യമായ സത്യമാണ് ചിദാനന്ദ ശിവോഹം ശിവോഹം എന്നൊക്കെ ധ്യാനിക്കാം ധ്യാനം കൊണ്ട് ഒരു ആനന്ദം പക്ഷേ ധ്യാനം ഭാവനാത്മകമായതുകൊണ്ട് ഭാവന വിടുമ്പോ ധ്യാനം പോകും ക്രമേണ ധ്യാനം ജ്ഞാനത്തിലേക്ക് കലാശിക്കണം ജ്ഞാനം ധ്യാനത്തിനോട് ചേർന്നാലേ ധ്യാനത്തിന് വല്ല പ്രയോജനമുള്ളൂ അതാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ജ്ഞാനാത് ധ്യാനം വിശിഷ്യത്തെ എന്ന് പറഞ്ഞത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ എന്നുള്ളതിന് ജ്ഞാനത്തിനേക്കാളും ധ്യാനം വിശിഷ്ടം എന്നല്ല അർത്ഥം ജ്ഞാനത്തിനാൽ എന്നുള്ള പഞ്ചമിയാണ് അവിടെ ജ്ഞാനം കാരണമായിട്ട് ധ്യാനം വിശിഷ്ടമായിട്ട് തീരും അല്ലെങ്കിൽ വെറും ധ്യാനം ഇപ്പം എല്ലായിടത്തും മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ ഉണ്ട് ആ ധ്യാനം ഒന്നും അധ്യാത്മമല്ല എന്തിനാണ് മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് പോണത് ബി പി കുറയുമെന്ന് ആരോ പറഞ്ഞു നമുക്കറിയണ ഒരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു സ്വാമി ഈ മെഡിറ്റേഷൻ ചെയ്താൽ ബി പി കുറയോ എന്ന് ചോദിച്ചു അപ്പൊ സ്വാമി പറഞ്ഞു അതെന്തോ എനിക്കറിയില്ല പക്ഷെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും തോറും എന്റെ ബി പി പറഞ്ഞു സ്വാമി അപ്പൊ എന്താ സ്വാമി അങ്ങനെ പിന്നെ ബി കൂടാനാണോ ഞാൻ മെഡിറ്റേഷൻ ചെയ്യണത് ബി എന്ന് വെച്ചാൽ എന്താ ഭഗവാൻസ് പ്രൊട്ടക്ഷൻ സ്വാമി അർത്ഥം പറഞ്ഞു ബി എന്ന് വെച്ചാൽ ഭഗവാൻസ് പ്രൊട്ടക്ഷൻ അത് കൂടാൻ വേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ധ്യാനം ചെയ്യും തോറും ബി പി കൂടുകയാണ് അപ്പൊ എന്താ അതൊക്കെ എന്താണ് ഗംഗയെ ഗംഗാ വാട്ടറിന് ടോയ്ലറ്റ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പോലെയാണ് ബാത്റൂമിൽ ഉപയോഗിക്കണ പോലെയാണ് ഗംഗയെ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ അതേപോലെ നമ്മളുടെ ചൈതന്യത്തിന് ഹിരണ്യ കശിവും ധ്യാനം ചെയ്തു ഹിരണ്യാക്ഷനും ധ്യാനം ചെയ്തു രാവണനും ധ്യാനം ചെയ്തു ആ ധ്യാനം ഒക്കെ എന്താ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ആത്മവിദ്യയിലുള്ള ധ്യാനം എന്താ ടോട്ടൽ ഇറേസിംഗ് ഓഫ് ദ പേഴ്സണാലിറ്റി ആൻഡ് ഫൈൻഡിങ് യുവർ ട്രൂ സോഴ്സ് യു ബിക്കം ടോട്ടലി ഇംപേഴ്സണൽ രമണഭഗവാനെ കുറിച്ച് എം പി പണ്ഡിറ്റ് ഒരു പുസ്തകം എഴുതി ദൈറ്റി ഇംപേഴ്സണാലിറ്റി എന്നാണ് അതിന്റെ പുസ്തകത്തിന് പേര് Personality will power liya. All might comes from the impersonal source. Personality ke eppajum bhayan di. Impersonality in the brand of bhooma baana, Personality alpa manu. Alpa the ne eppajum bhayan di. Bhooma avi na bhayan di. Personality ke eppajum ate personality in the bhayan di. That impersonal anu avan ananta manu. Avani bhayan pa dhan annyam ayuri vashtu liya. Yatara na anyat pasyati, na anyat shrinoti, na anyat vijahnati. അപ്പോൾ ആ ഇമ്പേഴ്സണലായ സോഴ്സ് ആ സോഴ്സിലേക്ക് പോവാൻ ധ്യാനം ഒരു മാർഗമാണ് ഒരു വഴിയാണ് പക്ഷെ അവസാനം ജ്ഞാനത്തിലേക്ക് നമ്മൾ വരണം ജ്ഞാനം എന്ത് ചെയ്യുന്നു നിങ്ങളെ എന്തെങ്കിലും ഭാവന ചെയ്യൂ എന്ന് പറയുന്നില്ല ഭാവന ചെയ്യുന്നതൊക്കെ മനസ്സാണ് പ്രവൃത്തി ചെയ്യുന്നത് ശരീരമാണ് ശരീരവും മനസ്സും ചലിച്ചുകൊണ്ടേ പരിണമിച്ചുകൊണ്ടേ ഇരിക്കണതാണ് ഇതൊക്കെ കൃതമായ വസ്തുക്കളാണ് ഈ കൃതമായ വസ്തുക്കൾ കൊണ്ട് അകൃതമായ പൂർണ്ണ വസ്തുവിനെ നേടാൻ പറ്റില്ല അതുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ മാറ്റി നിർത്തി ഉള്ളുകൊണ്ട് ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല ഇതൊക്കെ ഞാനല്ല എന്ന് അറിഞ്ഞുകഴിഞ്ഞ് ഇതിനപ്പുറം അകൃതമായ സത്യം എപ്പോഴും ഉള്ളത് എന്താണ് എന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഏതൊന്ന് സിദ്ധിച്ചിരിക്കുന്നുവോ എല്ലാ പ്രതീതികൾക്കും പുറകിൽ പ്രതീതികളെയൊക്കെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേവലാനുഭവം അഹം എന്ന അനുഭവം അഹം എന്നുള്ളത് സത്യമായിട്ട് നാരായണ ഗുരുസ്വാമി ശതകം അവസാനിക്കുന്നത് അങ്ങനെയാണ് ആത്തൂം അല്ല അസദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തി അറ്റ് സത്വമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം ആവരണം ഒഴിഞ്ഞവന് അഹമെന്നുള്ളത് പൂർണ്ണ വസ്തുവാണ് എന്നതിന് മുമ്പ് പറയണം പക്ഷേ എല്ലാ പദ്യമൊന്നും ഓർമ്മയില്ല ആവരണം ഒഴിഞ്ഞവന് വാദമില്ല ഭേദമില്ല അന്യനുണ്ട് വാദം എന്നാണ് ആവരണമാർക്ക് നീങ്ങിയോ നിരാവരണ ദൃഷ്ടിയായിട്ടുള്ളവന് അഹം എന്നുള്ളത് ശരീരത്തിനോ മനസ്സിൻ്റെയോ ഉള്ളിൽ കിടക്കുന്ന ഒരു ജീവനല്ല അത് ശുദ്ധമായ പ്രജ്ഞയാണ് അതിലൊരു ഒരു കുമിള മാത്രമാണ് ശരീരമോ മനസ്സോ ഒക്കെ ആ ശുദ്ധ ചിത്ത് പരമേശ്വര സ്വരൂപമാണെന്നും അത് ഭഗവത് സ്വരൂപമാണെന്നും വീണ്ടും വീണ്ടും വീണ്ടും ബോധിപ്പിക്കാനാണ് സത്സംഗം വേറെ ഒന്നും പലത് പറയാനല്ല പലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാം പക്ഷെ ആ പറയണതൊന്നും നമുക്ക് പ്രയോജനപ്പെടില്ല ഈ സത്യത്തിനെ വീണ്ടും വീണ്ടും ബോധിപ്പിക്കുകയും അതിനെ ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യുക എന്താ ശ്രവണം മനനം നിധി കേൾക്കണു കേട്ട് കഴിഞ്ഞ് ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം മനനം ചെയ്യൽ ചിന്തിക്കലല്ല അല്പം ചിന്തയെ ഉപയോഗിക്കാം അല്പം വിചാരത്തിനെ ഉപയോഗിക്കാം ഇപ്പൊ പറഞ്ഞ പോലെ ശരീരം പരിണമിക്കുന്നു മനസ്സ് പരിണമിക്കുന്നു കുട്ടിക്കാലത്തുള്ള ശരീരം ഇപ്പയില്ല കുട്ടിക്കാലത്തുള്ള മനസ്സിപ്പില്ല ഇതൊക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ഞാൻ എന്ന അനുഭവമുണ്ട് ആ അനുഭവം പരിണമിക്കാതെ ഇരിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇങ്ങനെയൊക്കെ ഏകാന്തത്തിൽ വിചാരം ചെയ്യാം ഇതൊക്കെ തന്നെ പ്ലെയിന് റൺവേ ലോഡുന്ന പോലെയാണ് യഥാർത്ഥ ടേക്ക് ഓഫ് എവിടെയാണെന്ന് വെച്ചാൽ ഞാനല്ലാത്തതിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് അതത്യജന്തോ മൃഗയന്തി സന്ത തല്ലാത്തതിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് മനനം എവിടെ തുടങ്ങണമെന്ന് വെച്ചാൽ ഞാൻ എന്ന അനുഭവത്തിൽ ശ്രദ്ധ പതിയുകയും കേവലമായ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ കഴിയുന്നതും മറ്റ് വികൽപ്പങ്ങൾ വന്ന് കലക്കാതെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക അതാണ് സമാധി അഭ്യാസം എന്ന് പറയുന്നത്